ദൈവദത്തനിഷ്ഠപ്രമാണജ്ഞാനം ദേവദത്തനിഷ്ഠപ്രമാഭവതിരിതാഥേർ നിവർത്തകം പ്രമാണത്വാതജ്ഞദത്വാധികത പ്രമാണജ്ഞാനം ഞാനിങ്ങനെ ആവർത്തിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു വരത്തില്ല ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് പ്രയാസമാണെന്ന് വിചാരിച്ചിട്ട് എട്ടിട്ട് ഓടിക്കളയരുത് മനസ്സാണ് ഞാനിവിടെ ഒറ്റയ്ക്കായി പോകും അങ്ങനെ ഒരവസ്ഥ വരട്ടെ ആരെങ്കിലും ഇവിടെ വേണം പ്രയാസമായി തോന്നുന്നു ഭൂരിപക്ഷം പേർക്കും മനസ്സിലാകത്തില്ല ഭൂരിപക്ഷം പേരൊന്നും മനസ്സിലാകത്തില്ല ഏ നിനക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴെങ്കിലും എന്റെ ഗുരുവിനെ കാണുമ്പോൾ ചോദിച്ചു നോക്കുക ഇത്രയും കാലം എത്രയോ തവണ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ആരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുതരും എന്തെങ്കിലും സമയം കണ്ടെന്ന് പോയി ചോദിക്കും ഏ ക്ലാസ്സിൽ ആൾക്കാർ ഇരിക്കുക അതൊരു കാര്യമുണ്ട് അത് അവരെ സമ്മതിക്കുന്നു നമുക്കങ്ങനെ ഒരു ബുദ്ധിയില്ല അവിടെ ഇതിൻ്റെ ക്ലാസ്സിലൊക്കെ ഇരുപത് മുപ്പത് വർഷം ഇരിക്കുന്നവരുണ്ട് പല പല ആചാര്യന്മാരെ പഠിപ്പിച്ചു അവര് രൂക്ഷമ അതൊരു വലിയ കാര്യമാണ് അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ അവർ വേറെ ഒന്നും ചെയ്യാൻ ഇല്ലാത്തോണ്ടായിരിക്കാം വേറെ വ്യവഹാരമില്ലല്ലോ ഞാനൊരു പ്രായമുള്ള ഒരു സ്വാമിയുടെ അടുത്ത് ചോദിച്ചു എൻ്റെ അടുത്തും വന്നിരുന്നു പഠിക്കാൻ ഞാൻ പഠിപ്പിക്കുമ്പോൾ അവ എത്രയോ പ്രഗത്ഭന്മാരായ ആചാര്യന്മാരും വന്നിരുന്നിട്ട് ഒരു വിദ്യാർത്ഥിയായ എൻ്റെ മുൻപ് വന്നിരിക്കുന്ന എന്തെന്ന് ചോദിച്ചോ പറഞ്ഞു കുഴപ്പമില്ല അടുത്ത ജന്മം ശരിയാകും ഈ ജന്മവും ശരിയാവില്ല എന്ന് ഉറപ്പാണ് പക്ഷേ അടുത്ത ജന്മചരിയോ ആ പ്രതീക്ഷ അതാണ് പ്രയാസം ആണെങ്കിലും അസാധ്യമല്ല അങ്ങനെയുണ്ട് പ്രയാസമാണോ അസാധ്യമില്ല സാധ്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണോ കുറെ ശെ അത് മനസ്സിലായി വരും അപ്പൊ ദേവദത്ത നിഷ്ഠപ്രമ എന്ന് പറയുന്നത് മാഭാവത്തിൽ നിന്നും അതിരിതമായ അനാദിയായി യജ്ഞദത്ത പ്രമയുടെ പ്രാഗഭാവം അതിൻ്റെ നിവർത്തകമായി അപ്പൊ യജ്ഞദത്തന് സാധ്യമു അപ്പം പറഞ്ഞവിടെ ഉപാധിയുണ്ട് എന്താണ് തത് അസംവേദം എന്ന് പറഞ്ഞു അപ്പോ ദേവദത്തനിഷ്ഠമായ പ്രമയുടെ അഭാവത്തിൽ നിന്നു അതിരിക്തമായ അനാദിയായ പ്രാഗഭാവത്തിൻ്റെ നിവർത്തകമായ ആ പ്രമ ഇരിക്കുന്ന ഇവിടെ യജ്ഞദത്തണ്ട് അത് തത് അസംവേതമാണ് ദേവദത്ത അസംവേതമാണ് അപ്പോ ഉപാധി ഒത്തുപോയി കണ് പറയുന്നു അങ്ങനെ സന്തോഷിക്കണ്ട ഉപാധി മാറ്റിത്തരാം എങ്ങനെ പറയുന്നു ദേവദത്വനിഷ്ഠ പ്രമാഭാവ അതിരിക്തമായ അനാദി എന്ന് പറയുന്നത് സുഖത്തിൻ്റെ ഭാ പ്രാഗാവമാണ് ദേവദത്വങ്ങൾ തന്നെയാണ് ആ പ്രാഗഭാവത്തിൻ്റെ നിവർത്തകം സുഖമാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രാഗഭാവത്തെ ഇല്ലാതാക്കുന്നു ആ സുഖമെന്ന് പറയുന്നത് ദേവദത്ത സംവേദമാണ് അപ്പം എത്രയെത്ര സാധ്യം തത്രയത്ര തദ്സമേതം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ദോഷത്തെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടി സാധ്യമായിട്ട് സുഖത്തെ എടുത്തു പ്രാഗഭാവനിവർത്തകമായ സുഖം അത് ദേവദത്തെ സംവേതമാണ് എന്ന് പറഞ്ഞാൽ തത് അസംവേതത്വം പറഞ്ഞാൽ എത്രയെത്ര സാധ്യം തത്ര തത് അസമേതത്വം പറയാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ഉപാധി എന്ന് എന്തു ചെയ്തോ സാധ്യ വ്യാപകത്തിന് മുന്നോട് വരുന്നില്ല എന്തുകൊണ്ടും കൂടെ സാധ്യമായിട്ട് എടുത്തത് മാറ്റി സാധ്യത മാറ്റി ഉപാധിയെ ഒഴിവാക്കാൻ വേണ്ടി എന്തു ചെയ്തു സാധ്യത്തെ മാറ്റി സാധ്യ നേരത്തെ പ്രമേയായിരുന്നെങ്കിൽ ഇപ്പം സാധ്യമെന്തായി സുഖം സാധ്യത്തെ മാറ്റി കഴിഞ്ഞപ്പോ തത് അസമേതത്വം എന്ന് പറയുന്ന എന്താണ് എത്ര എത്ര സുഖം ത്ര തത് അസംവേദത്വം പറയാൻ പറ്റത്തില്ല സുഖം എവിടെയുണ്ട് ദേവത തന്നും ഉണ്ട് ഇവിടെ തത് അസംവേദത്വം ഇല്ല സാധ്യത്വമായി പക്ഷമല്ല സാധ്യം നേരത്തെ സാധ്യമെന്തായിരുന്നു പ്രമ നേരത്തെ സാധ്യമെന്ന് പറയുന്നത് പ്രമേയായിരുന്നു ഇപ്പൊ സാധ്യമെന്താക്കി സുഖമാക്കി എന്നിട്ട് ചിന്തിക്കുന്നു വേദമായിട്ട് തത് അസംവേദത്വം സുഖം എവിടെയുണ്ട് ദേവദത്വനിൽ അത് ദേവദത്വസംവേദമാണോ അല്ല അപ്പൊ സാധ്യവ്യാപകത്വം ഇല്ല അത് മനസ്സിലായെങ്കിൽ വേണ്ടി ചിന്തിക്കാം അത് ഒഴിവാക്കി ഇപ്പൊ എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ സപ്രതിപക്ഷ അനുമാനം പറയും അതുകൊണ്ട് പറഞ്ഞത് വിവാദ പദം എന്ന് വെച്ചാൽ വിവാദാസ്പദമായ പ്രമാവാദപദ അത് അനാദിയായ ഭാവത്തിന്റെ നിവർത്തകം അല്ല പദാർത്ഥമായതുകൊണ്ട് ഘടത്തെ പോലെ ഘടം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഗഭാവത്തെ ഇല്ലാതാക്കും പക്ഷെ അനാദിയായ ഒരു ഭാവത്തെയും അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല അപ്പോ സിദ്ധാന്തിയുടെ സാധ്യമെന്ന് പറയുന്നത് അനാദിയായ ഭാവത്തിന്റെ നിവർത്തകം അനുയായകന്റെ സാധ്യമെന്ന് പറയുന്നത് അനാദിയായ ഭാവത്തിന്റെ നിവർത്തകം അല്ല ഇതാണ് സപ്രതിപക്ഷ അനുഭവം യസ്യം യത്വന്തരം വിദ്യപക്ഷ എന്ന് പറഞ്ഞപ്പോ പറയുന്നു നിങ്ങൾ പറഞ്ഞ അനുമാനത്തിൽ ദോഷം വലുത് സിദ്ധസാധനം പദാർത്ഥങ്ങൾ അനാദിയായ ഭാവത്തെ നിവർത്തിപ്പിക്കില്ല എന്ന് പറയുന്നതിന് അനുമാനത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല അത് നിങ്ങളുടെ ന്യായ സിദ്ധാന്തത്തിൽ സിദ്ധമാണ് ശാസ്ത്ര പ്രമാണത്തിലൂടെ തന്നെ അത് സിദ്ധമാണ് അല്ലെങ്കിൽ പൂർവാചാര്യന്മാർ പറഞ്ഞ് ആപ്തവാക്യത്തിലൂടെ അത് സിദ്ധമാണ് അതിനനുമാനത്തിൻ്റെ ആവശ്യം ഇല്ല വീണ്ടും നിങ്ങൾ നിർബന്ധിച്ച അനുമാനം നടത്തിയാൽ അവിടെ വരുന്നത് സിദ്ധദാശം അപ്പോ താർക്കിയും പറയുന്നു അത് ശരിയല്ല അനാദിഭാവത്തിന്റെ നിവർത്തകം എന്നല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അതിന് കുറെ വിശേഷം കൂടെ ചേർത്തു എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ദോഷത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെയെല്ലാമുള്ള അനാദിഭാവത്തിന്റെ നിവർത്തകമല്ലെന്നാ ഞങ്ങൾ പറയുന്നു ഇപ്പോഴാണോ അദ്വൈതി പറയുന്നത് നിങ്ങൾ കുറെ വിശേഷണം ചേർത്തല്ലോ ആ വിശേഷണങ്ങളൊന്നും തന്നെ നിങ്ങളുടെ സിദ്ധാന്തത്തിലുള്ളത് അല്ല അതുകൊണ്ട് അപ്രസിദ്ധ വിശേഷണം ഞാൻ സാധ്യ സിദ്ധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ മയ്യായികൻ മൗനം പാലിച്ചു ഇനിയൊന്നും പറയാനില്ല ഇടപാടുകൾ അതെന്തൊക്കെയാണ് കൂടുതലായി ചേർത്തത് അതാണ് ഇവിടെ പറഞ്ഞത് അനാദിയായ ഭാവത്തിൻ്റെ നിവർത്തനം അല്ലാന്ന് പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ ആത്മാദികളെ നിവർത്തിപ്പിക്കുന്നില്ല അത് ഞങ്ങൾ സമ്മതിച്ചു പിന്നെ അതിൽ നിന്ന് ഭിന്നമായ ഒരു ഭാവം നിങ്ങൾ പറയുന്ന ജ്ഞാനം അതെന്താണ് അനാദിയാണോ അപ്പോ ഘടാദികൾ ആത്മാദി അനാദിഭാവങ്ങളെ നിവർത്തിപ്പിക്കത്തില്ല അത് ഞങ്ങൾ സമ്മതിക്കുന്നു അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഭിന്നമായ അനാദിയായ ഒരു ഭാവത്തെയും നശിപ്പിക്കത്തില്ല ഇതാ പറയുന്നു നയകം പറയുന്ന ഇതാണ് ഘടാതി പദാർത്ഥങ്ങൾ പദാർത്ഥത്വാതല്ലേ ഹേതു സൃഷ്ടാന്തം ഘടകം പറഞ്ഞു അപ്പോൾ ഘടാദി പദാർത്ഥങ്ങൾ ആത്മാദി അനാദികളെ നിവർത്തിപ്പിക്കുന്നില്ല അതോടൊപ്പം തന്നെ അനാദിയായ അഭാവഭിന്നമായ ഭാവം നിങ്ങൾ പറയുന്നു അജ്ഞനാനി നിവർത്തിപ്പിക്കുന്നില്ല എന്നാണ് പറയണെങ്കിൽ അപ്പൊ അത് ഇത് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞല്ലോ കുറെ വിശേഷണം ചേർത്തല്ലോ ആ വിശേഷണം ഒന്നും തന്നെ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് അപ്രസിദ്ധ വിശേഷണം ദോഷം എന്ന് പറഞ്ഞു അതായത് ഏതിന് ഉദാഹരണം ഏതിന് ഉദാഹരണം ഹം പറയുന്നു അതായത് ഉദാഹരണം എന്ന് വെച്ചാൽ അനാദിയായ ഒന്നിനെ നിവർത്തിപ്പിക്കില്ല എന്ന് പറയുന്നതിന് അനാദിയായ ഒന്ന് എന്ന് പറയുന്നതിന് ഉദാഹരണം പറയാനാണോ അതാണോ നിവർത്തിപ്പിക്കുമെന്നല്ല നിവർത്തിപ്പിക്കത്തില്ലെന്നാണ് ഇല്ല അദ്വൈതി പറയുന്ന ഭാവവിലായ അജ്ഞാനം അത് അപ്രസിദ്ധമാണ് നിങ്ങൾക്ക് ഭാവപദാർത്ഥങ്ങൾ അനാദിയായിട്ടുണ്ട് അതെന്തൊക്കെയാണ് ആത്മാദികൾ അത് ഒരു ഭാവം കൊണ്ട് നശിക്കുന്നതല്ല അത് ഓക്കെ പിന്നെ അതിൽ നിന്ന് ഭിന്നമായിട്ട് നശിപ്പിക്കില്ല എന്ന് പറയുന്ന ഏതിനെയാണ് തർക്കിയും പറയുന്നത് ഭാവവിലാവവിലായ അനാദിയായ ഭാവം അതെന്താ സാധനം നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒന്നെ അറിയില്ല അതും പോയി അപ്രസിദ്ധ വിശേഷം ഇതിത്രയും ഏകദേശം മനസ്സിലായെങ്കിൽ പൂർണമായും മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഏകദേശം മനസ്സിലായെങ്കിൽ ഇതിനെ ഒന്ന് ഉടച്ചു പാർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ജോലി തരണം നിങ്ങളെ കുറച്ചുകൂടി ഉപദ്രവിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം കൊണ്ട് ആട്ടികയിലേക്ക് നോക്കുക രണ്ടാമത്തെ യുദ്ധം അത്ര പ്രയോഗ നിങ്ങളിതിനെ അതിക്രമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ ബാക്കിയുള്ളതും സാരമില്ല പ്രയാസം പോലെ തോന്നിയാൽ അതുകൂടെ മനസ്സിലാക്കണം എല്ലാ അനുമാനവും നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തിട്ടില്ല പക്ഷെ ഈ ഒരു അനുമാനം വേണം അതെന്തിനാണെന്ന് അവസാനം പറയും ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസാനം വരെ ആകാംക്ഷയുടെ മുഴും മുനയിൽ നിറത്തിക്കൊണ്ട് വേണം പോകാൻ സീരിയൽ പോലെയാണ് അടുത്തെന്താണെന്നിപ്പോഴ് പറഞ്ഞ പിന്നെ അടുത്ത ആരും കാണാനിരിക്കത്തില്ല ദേവദത്ത്വ പ്രമാണജ്ഞാനം ഏത പ്രമാണ അഭാവത്വ അനധികരണ അനാദി നിവർത്തകം പ്രമാണത്വ യജ്ഞദത്വ പ്രമാണ നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുള്ളത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ദേവദത്തെ പ്രമാണം ഞാനും പഴയതുപോലെ ദേവദത്തെ പ്രമാ അതിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ അവിടെ ദേവദത്ത് നിഷ്ഠ എന്നുള്ളതിന് ഇവിടെ എന്തു പറഞ്ഞു ഏത നിഷ്ഠ അവിടെയും വ്യത്യാസമൊന്നുമില്ല ഏതൻ നിഷ്ഠ പിന്നെ ബാക്കിയുള്ളിടത്താണ് അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഏതൻ നിഷ്ഠ പ്രമാണ അഭാവത്വ അനധികരണം ഇത്രയും ഏത നിഷ്ടപ്രമാണം എന്ന് വെച്ചാൽ പ്രമ നേരത്തെ പറഞ്ഞത് തന്നെ അവിടെ എന്ത് പറഞ്ഞു പ്രമ അഭാവ അതിരിതം അതിനോട് വ്യക്തമാക്കാൻ വേണ്ടി എന്തു പറഞ്ഞു പ്രമ അഭാവത്വ അനധികരണം എന്ന് പറഞ്ഞു പ്രമ അഭാവത്വ അനധികരണം അല്പമൊന്നു ചിന്തിക്കാടി കിട്ടും പ്രമാഅഭാവത്വ അധികരണം എന്താണ് ഇങ്ങനെ പഠിച്ചാൽ ശരിയാവത്തില്ല വേ സ്പീഡ് വേണ്ട പതുക്കെ പതുക്കെ സാവകാശം ഓവറാക്കരുത് സാവകാശം പോടരുത് എന്താണ് അധികരണം ആ ഇത്രയേ ഉള്ളൂ അതാ പറഞ്ഞ് വേണ്ട സ്ലോ സ്ലോ മോഷൻ ആയിരിക്കണം ഇനി പോകേണ്ടത് ദേവദത്ത് പ്രമാണജ്ഞാനം പ്രമാവ്യത്യാസമില്ല ഏതത് പ്രമാണം വ്യത്യാസമില്ല ഇപ്പൊ പ്രമാണ അഭാവം എന്ന് വെച്ചാൽ പ്രമാഭാവം വ്യത്യാസമില്ല പ്രമാഭാവം എന്ന് പറയുന്ന ഇവിടെ എന്ത് ചെയ്തു പ്രമാഭാവത്വം മനസ്സിലായോ പ്രമേയുടെ അഭാവം ഏത് വരാം പ്രാഗഭാവം പ്രധ്വംസ്വഭാവം അന്യോന്യഭാവം അത്യന്തം പ്രമാഭാവം പ്രമാഅഭാവത്വം ആഭാവത്തിലിരിക്കും അല്ലേ അപ്പൊ ആ പ്രമാഭാവത്വ അധികരണമെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും പ്രമാഭാവമായിരിക്കും ഭൂത്വാധികരണം എന്തായിരിക്കും ഘടത്വാധികരണം എന്താണ് അഭാവത്വ അധികരണം എന്താണ് മാറത്തില്ലേ അത് ശരിയായാൽ അടുത്ത് ഓക്കെ പ്രമാഭാവത്വ അനധികരണം എന്താണെന്ന് നോക്കുക എന്തായിരിക്കും ഏ എന്താ പ്രമ അഭാവ അധികരണം അഭാവം ഭിന്നമായത് ഭാവം കൂടുതലൊന്നും കറങ്ങാൻ പോവരു കറങ്ങി തിരിഞ്ഞുകൂടെ വരുമ്പോഴത്തേക്കെല്ലാം പോകും അപ്പം എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് അഭാവ ഭിന്നം ഭാവം ഇപ്പൊ പ്രമാ അഭാവത്വധികരണമായ അഭാവം ഭിന്നം ഭാവം അല്ലേ അപ്പോ അഭാവത്വ അനധികരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അഭാവത്വ അധികരണം എന്ന് തന്നെ നോക്കുക അഭാവത്വ അധികരണം അഭാവമാണെങ്കിൽ ഭാവം അപ്പൊ ഇപ്പം പഴയ സ്ഥലത്തെത്തി അവിടെ എന്താ പറഞ്ഞത് ദേവനിഷ്ഠ പ്രമാഭാവ അതിരിത അനാദിഭാവമാണല്ലോ അവിടെ ഇപ്പം എത്തി എത്തിച്ചേർന്നു എങ്ങനെ പ്രമാഭാവത്വ അനധികരണമായി അനാദിയായ ഭാവം ഏത് അജ്ഞാനം അതിൻ്റെ നിവർത്തകം പഴയതുപോലെ തന്നെ അവിടെയൊന്നും മാറ്റമില്ല എന്ത് ദേവതത്തെ പ്രമ ദേവതത്തെ പ്രമാ എന്ന് പറയുന്നത് അഭാവത്വ അനധികരണമായ അനാദിയായ ഭാവത്തിന്റെ നിവർത്തകം പ്രമാണത്വ ഹേതു പഴയതുപോലെ തന്നെ പ്രമാത്വ യജ്ഞത്തെ പോലെ ശരിയായി അങ്ങനെ അല്പം വളച്ച് പറയുന്നത് വെറുതെ പറയല്ല അതിന് അതിനാവശ്യമുണ്ട് ഏ പ്രാഗാവം ഹൗ ഇറ്റ് ക്യാൻ ബി ഭാവം That is impossible. Praga Bhava means as well, Praga Bhava only. Hmm? That, that uh, Samalya will do in coming sentence. There is no difference than before. Same. Hmm? Hmm? അത്രച്ച അഭാവത്വ അനധികരണ ഇത്യേവഅ അലം അലം നിഷേധാർത്ഥത്തിലാണ് ഇത്തിന ഇത്യേവ ന അത്രമാത്രം പറഞ്ഞാൽ പോരാ അനേത് അഭാവത്വ അനധികരണ എന്ന് പറഞ്ഞാൽ പോരാ ബാക്കി ഇവിടെ പറയണമെന്നാണ് മനസ്സിലായോ അതെന്തുകൊണ്ടെന്ന് ഇനി പറയും അതായത് ഇവിടെ കൂടുതലായി എന്തു പറഞ്ഞു അഭാവത്വ അനധികരണം എന്ന് പറഞ്ഞല്ലേ ഇത്ര മാത്രം പറഞ്ഞാൽ പോരാ പറയുന്നതിന് എന്താണ് പര്യാപ്തി നിഷേധം ശക്തി ശക്തി പര്യാപ്തി നിഷേധം ഇതെല്ലാ അർത്ഥവും ഉണ്ട് അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും അലം എന്നുവെച്ചാൽ നിഷേധം അവിടെ നിഷേധമാണ് കൊലാഹനം ഉണ്ടാക്കരുതെന്നാണ് പര്യാപ്തി അർത്ഥത്തിന് മതി അലംഭുക്തം എന്ന് പറഞ്ഞാൽ പര്യാപ്തം ഭുക്തം നിഷേധാർത്ഥം ഉണ്ട് നിഷേധാർത്ഥം ഇത് പോരാന്ന് ഇത്യേവ ന എന്നാണ് അലം മാറ്റിയിട്ട് നറിഞ്ഞ് നോക്കുക ചിന്തിച്ചു നോക്കുക അലം എന്നുള്ളതിൽ ന എന്ന് വെച്ചിട്ട് ചിന്തിച്ചു നോക്കുക ശരിയായോ അഭാവത്വ അനധികരണ ഇത്യേവ എന്ന് പോരാ എന്നാണ് എന്തുകൊണ്ട് അതിനി അടുത്ത് വിശദീകരിക്കുന്നു അനാദി നിവർത്തകം ഇത്യുക്തേ പ്രാഗഭാവം ആദായ അർത്ഥാന്തരത തദർത്ഥം പ്രമാണ അഭാവത്വ അനധികരണ ഇത്യുക്തം ഇത് തീരുന്നില്ല താവരിച അപ്രസിദ്ധ വിശേഷണത പ്രമാണ അഭാവത്വ അനധികരണ പദകൃത്യമാണ് സാധ്യത്തിന്റെ ഓരോ പദങ്ങളുടെ പ്രയോജനം എന്താണെന്നാണ് പറയുന്നത് യജ്ഞദത്തനിഷ്ഠ പ്രമാണേ ഹി ദേവദത്ത പ്രമാണ ഭാവത്വ അനധികരണ അനാദേഹേ നിവർത്തകേ സുപ്രസിദ്ധമേവ സാധ്യമിരിവച്ഛേതായ അനാധിഗ്രഹണം ഈ പറയുന്നെല്ലാം എന്താണ് അല്ല ഓരോ പദങ്ങളുടെയും ആവശ്യം എന്തൊന്നും സ്പീഡ് പാടില്ല എങ്ങനെ സിസുഗി അല്ല ഇത് വേറെ എങ്ങനെ പറയാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാ പറയാൻ പറ്റും താർക്കികമായ കാര്യങ്ങൾ പറയുമ്പോൾ ഏത് വിഷയമായാലും തർക്കത്തിന് മാത്രമല്ല ഇപ്പം അദ്വൈതമായാലും ഭേദമായാലും ആയുർവേദത്തെ പോലും ഇങ്ങനെയുള്ള രീതി ഇതായിരിക്കും ഏ അതിങ്ങനെ പറയാൻ പറ്റും ഇത് സാരമില്ല നവ്യൻ ന്യായം എന്ന് പറയുമ്പോൾ ഇതുമല്ല ഇത് നവ്യൻ ന്യായത്തിൻ്റെ ഒരു തുടക്കമാണ് നവ്യന്യായം നിങ്ങൾ പഠിച്ചില്ലേ വ്യാപ്തിയുടെ ലക്ഷണം എന്താണോ എന്താണ് വ്യാപ്തി ലക്ഷണം ആർക്കും ഓർമ്മയില്ല സാധ്യത ആവച്ച സംബന്ധം ആവശ്യ സാധ്യത ആവച്ചതാവ ചിന് പ്രീതാവശിയ സംബന്ധം ആവച്ചിഹ് പ്രീതാവച്ച ആവച്ച ഭാവം നിരൂപിത ഹേതാവ് ഹേദാവ ചേതാവ ചിഹ്ന ആർക്കും ഓർമ്മ വരുന്നില്ല നമ്മൾ ഒരുമിച്ചല്ലേ പഠിച്ചത് എന്താ മറന്നുപോയത് ഇത് നമ്മള് മനസ്സിലാകുമ്പോ നമ്മുടെ മനസ്സിൽ പറഞ്ഞ മനസ്സിൽ പതിഞ്ഞാ പിന്നെ വിട്ടുപോകത്തു മനസ്സിൽ പതിയാത്തോണ്ടാണ് വിട്ടുപോകും ഇത് അത്രയും ക്ലിഷ്ടമല്ല ഇത് നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇന്ന് നിങ്ങളെ ഒന്ന് പേടിയാക്കി ഞാൻ നിർത്തുകയാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഒന്ന് വിരട്ടി ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് പറക്കല